അള്ളാഹുസുബഹാനുഹൂവറ്റ ആളായുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വായിച്ചു തരുന്ന ഒരു ദൂതൻ വിശ്വാസികളെയും സൽക്കർമ്മങ്ങൾ ചെയ്തവരെയും ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണത് ആരെങ്കിലും അല്ലാഹുസുബഹാനുഹൂവറ്റ ആളയിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ അവനെ താഴെയായി പുഴകളൊഴുകുന്ന അവിടെ എന്നും വസിക്കുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും അള്ളാഹുസുബഹാനുഹൂവറ്റ ആള അവന് ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുന്നു